ം നാല് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി നിന്റെ ദാസൻ യഹോവഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ ഇപ്പോൾ കടക്കാരൻ എന്റെ രണ്ടു മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു എലീശ അവളോട് ഞാൻ നിനക്കുവേണ്ടി എന്തു ചെയ്യണം പറക വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്നവൾ പറഞ്ഞു അതിനവൻ നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക പാത്രങ്ങൾ കുറവായിരിക്കരുത് പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റുക എന്നു പറഞ്ഞ അവൾ അവനെ വിട്ടുചെന്ന് തന്റെ മക്കളോടു കൂടെ അകത്തുകടന്ന് വാതിലടച്ചു അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചുകൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്നു പറഞ്ഞു അവനവളോട് പാത്രം ഒന്നുമില്ല എന്നു പറഞ്ഞു അപ്പോൾ എണ്ണ നിന്നുപോയി അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുകൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊഴുക എന്നു പറഞ്ഞു ഒരു ദിവസം എലീശ ശൂന്യമിലേക്ക് പോയി അവിടെ ധനികയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവളവനെ ഭക്ഷണത്തിനു വരേണമെന്ന് നിർബന്ധിച്ചു പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും അവൾ തന്റെ ഭർത്താവിനോട് നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈയാൾ ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു നാം ചുവരോടുകൂടിയ ചെറിയൊരു മാളികമുറി പണിതുണ്ടാക്കുക അതിലവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവന് അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം അവനവിടെ വരുവാൻ ഇടയായി അവൻ ആ മാളിക മുറിയിൽ കയറി അവിടെ കിടന്നുറങ്ങി അവൻ തന്റെ ബാല്യക്കാരനായ ഗേഹസിയോട് ശൂന്യം കാര്യത്തിയെ വിളിക്ക എന്ന് പറഞ്ഞു അവനവളെ വിളിച്ചു അവൾ അവന്റെ മുമ്പിൽ വന്നു നിന്നു അവൻ അവനോട് നീ ഇത്ര താൽപര്യത്തോടൊക്കെയും ഞങ്ങൾക്കുവേണ്ടി കരുതിയല്ലോ നിനക്കുവേണ്ടി എന്തു ചെയ്യാണ് രാജാവിനോടോ സേനാധിപതിയോടോ നിനക്കുവേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കുന്നു പറഞ്ഞു അതിനവൾ ഞാൻ സ്വജനത്തിന്റെ മധ്യയെ വസിക്കുന്നു എന്നാൽ അവൾക്കുവേണ്ടി എന്തു ചെയ്യാമെന്ന് അവൻ ചോദിച്ചതിന് ഗഹസി അവൾക്ക് മകനില്ലല്ലോ അവളുടെ ഭർത്താവ് വൃദ്ധനുമാകുന്നു എന്ന് പറഞ്ഞു അവളെ വിളിക്കാ എന്ന് അവൻ പറഞ്ഞു അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ വാതുക്കൽ വന്നു നിന്നു അപ്പോൾ അവൻ വരുന്നയാണ്ടിൽ ഈ സമയമാകുമ്പോഴേക്ക് നീ ഒരു മകനെ അണച്ചുകൊള്ളും എന്നു പറഞ്ഞു അതിനവൾ അല്ല ദൈവപുരുഷനായ എന്റെ യജമാനനെ അടിയനോട് ഫോഷ്കു പറയരുതേ എന്നു പറഞ്ഞു ആ സ്ത്രീ ഗർഭം ധരിച്ച് പിറ്റേ ആണ്ടിൽ എലീഷാവളോട് പറഞ്ഞ സമയത്തു തന്നെ ഒരു മകനെ പ്രസവിച്ചു ബാലൻ വളർന്നപ്പോൾ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്ന തന്റെ അപ്പന്റെ അടുക്കൽ ചെന്നു അവനപ്പനോട് എന്റെ തല എന്റെ തല എന്നു പറഞ്ഞു അവനൊരു ബാല്യക്കാരനോട് ഇവനെടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അവൻ അവനെ എടുത്ത് അവന്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടുചെന്ന് അവൻ ഉച്ചവരെ അവളുടെ മടിയിലിരുന്ന ശേഷം മരിച്ചുപോയി അപ്പോൾ അവൾ കയറി അവനെ ദൈവപുരുഷന്റെ കട്ടിൽ മേൽ കിടത്തി വാതിലടച്ച് പുറത്തിറങ്ങി പിന്നെ അവൾ തന്റെ ഭർത്താവിനെ വിളിച്ചു ഞാൻ വേഗത്തിൽ ദൈവപുരുഷന്റെ അടുക്കളോളം പോയി വരേണ്ടതിന് എനിക്കൊരു ബാല്യക്കാരനെയും ഒരു കഴുതയേയും അയച്ചു തരേണമേ എന്ന് പറഞ്ഞു അതിനവൻ ഇന്ന് നീ അവന്റെ അടുക്കൽ പോകുന്നത് എന്തിന് ഇന്ന് അമാവാസിയല്ല ശപത്വമല്ലോ എന്ന് പറഞ്ഞു വേണ്ടതില്ല എന്നവൾ പറഞ്ഞു അങ്ങനെ അവൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി ബാല്യക്കാരനോട് നല്ലവണ്ണം തെളിച്ചുവിടുക ഞാൻ പറഞ്ഞല്ലാതെ വഴിയിലെവിടെയും നിർത്തരുത് എന്ന് പറഞ്ഞു അവൾ ചെന്ന് ഖർമേൽ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കലെത്തി ദൈവപുരുഷൻ അവളെ ദൂരത്ത് കണ്ടപ്പോൾ തന്റെ ബാല്യക്കാരനായ ഗേഹസ്യോട് അതാശൂന്യം കരുതി വരുന്നു നീ ഓടിച്ചെന്ന് അവളെ എതിരേറ്റ് സുഖം തന്നെയോ സുഖമായിരിക്കുന്നുവോ ബാലന് സുഖമുണ്ടോ എന്ന അവളോട് ചോദിക്കണം എന്നു പറഞ്ഞു സുഖം തന്നെയെന്ന് അവൾ പറഞ്ഞു അവൾ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കൽ എത്തിയപ്പോൾ അവന്റെ കാൽ പിടിച്ചു ഗേഹസ്യ അവളെ മാറ്റുവാൻ അടുത്തു ദൈവപുരുഷൻ അവളെ വിടുക അവൾക്ക് വലിയ മനോവ്യസനമുണ്ട് യഹോവാദ് എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു എന്നു പറഞ്ഞു ഞാൻ യജമാനോട് ഒരു മകനെ ചോദിച്ചിരുന്നുവോ എന്നെ ചതിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്നവൾ പറഞ്ഞു ഉടനെ അവൻ ഗേഹസ്യോട് നീ അരകെട്ടി എന്റെ വടിയും കയ്യിലെടുത്ത് പോകാം നീ ആരെയെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത് നിന്നെ വന്ദനം ചെയ്താൽ പ്രതിവന്ദനം പറയുകയും അരുത് എന്റെ വടി ബാലന്റെ മുഖത്ത് വെക്കണം എന്നു പറഞ്ഞു എന്നാൽ ബാലന്റെ അമ്മ യഹോവയാണെ നിന്റെ ജീവനാണേ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോടുകൂടെ പോയി ഗേഹസി മുമ്പായി ചെന്ന് വടി ബാലന്റെ മുഖത്ത് വെച്ചു എങ്കിലും ഒരു അനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല അതുകൊണ്ടവൻ അവനെ എതിരേൽപ്പാൻ മടങ്ങിവന്നു ബാലൻ ഉണർന്നില്ല എന്ന് അറിയിച്ചു എലീഷ വീട്ടിൽ വന്നപ്പോൾ തന്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു പിന്നെ അവൻ കയറി ബാലന്റെ മേൽ കിടന്നു തന്റെ വായ ബാലന്റെ വായ്മേലും തന്റെ കണ്ണ് അവന്റെ കണ്ണിൻമേലും തന്റെ ഉള്ളംകൈകൾ അവന്റെ ഉള്ളംകൈകളിന്മേലും വെച്ച് അവന്റെ മേൽ കവിണ്ണുകിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂടുപിടിച്ചു അവനിറങ്ങി മുറിയിൽ അങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവന്റെ മേൽ കവിണ്ണുകിടന്നു അപ്പോൾ ബാലൻ ഏഴു പ്രാവശ്യം തുമ്മി കണ്ണു അവൻ ഗേഹസ്യെ വിളിച്ചു ശൂന്യങ്കാര്യത്തെ വിളിക്കാം െന്ന് കൽപ്പിച്ചു അവൻ അവളെ വിളിച്ചു അവൾ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ നിന്റെ മകനെ എടുത്തുകൊണ്ടുപോയിക്കൊഴുക എന്ന് പറഞ്ഞു അവളകത്തു ചെന്ന് അവന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു തന്റെ മകനെ എടുത്തുകൊണ്ടുപോയി അനന്തരമിലീശ ഗിൽഗാലിൽ പോയി അന്ന് ദേശത്ത് ക്ഷാമം ഉണ്ടായിരുന്നു പ്രവാചക ശിഷ്യന്മാർ അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ തന്റെ ബാല്യക്കാരനോട് നീ വലിയ കലം അടുപ്പത്ത് വച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസമുണ്ടാക്കുക എന്നു പറഞ്ഞു ഒരുത്തൻ ചീരപറിപ്പാൻ വയലിൽ ചെന്നു ഒരു കാട്ടുവള്ളി കണ്ട് മടി നിറയെ പേച്ചൂര കൊണ്ടുവന്നു അവർ അറിയായികയാൽ അരിഞ്ഞ് പായസ ഇട്ടു അവർ അത് ആളുകൾക്ക് വിളമ്പി അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു ദൈവപുരുഷനായുള്ളവേ കലത്തിൽ മരണം എന്ന് പറഞ്ഞു അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല മാവു കൊണ്ടുവരുവിനെന്ന് അവൻ പറഞ്ഞു അത് കലത്തിലിട്ടു ആളുകൾക്ക് വിളമ്പിക്കൊടുക്ക എന്നു പറഞ്ഞു പിന്നെ ദൂഷ്യമായുള്ളതൊന്നും കലത്തിലുണ്ടായിരുന്നില്ല അനന്തരം ബാൽശാലിശയിൽ നിന്ന് ഒരാൾ ദൈവപുരുഷന് ആദ്യഫലമായിട്ട് ഇരുപത് യവത്തപ്പവും മലരും ഒക്കണത്തിൽ കൊണ്ടുവന്നു ജനത്തിനത് തിന്മാൻ കൊടുക്ക എന്ന് അവൻ കൽപ്പിച്ചു അതിനവന്റെ ബാല്യക്കാരൻ ഞാനിത് നൂറുപേർക്ക് എങ്ങനെ വിളമ്പും എന്ന് പറഞ്ഞു അവൻ പിന്നെയും ജനത്തിനത് തിന്മാൻ കൊടുക്ക അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്യുമെന്ന് യഹോവ അരുടെ ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവർക്ക് വിളമ്പിക്കൊടുത്തു യഹോവയുടെ വചനപ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു